സ്ഥിരം ഇതം വസ്ത്ര വിശ്വാസം അസൗഭാഗ്യം പായി പറഞ്ഞ സ്വയം പ്രാപ്തയിൽ സ്വയം തന്നെ അഭിവേകം ഉണ്ടായി വിശ്രാന്ത മനാണ് സ്ഥിരത മനസ്സിന് വിശ്രാന്തി ഉണ്ടായി മനസ്സിന്റെ ഉപശമുണ്ടായി വിശ്വാസവും അർത്ഥയോ തന്നെ ഇതാണ് വസ്തു പരമാർത്ഥം എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം സ്നേഹം വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വിശ്വാസം എന്നുള്ളത് ഒരിക്കലും പിന്നെന്താണോ എന്താ പറഞ്ഞത് ആരോ ഏ സംശയം സംശയം ശേഷിച്ചൊന്നാണ് എന്നാണോ പറയുന്നത് വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ശിവനും വിവേകമുണ്ടായി അതെങ്ങനെ ഉണ്ടായി എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നു പക്ഷെ വിവേകമുണ്ടായിട്ട് ഇവിടുത്തെ പ്രശ്നമില്ല വിവേകം ജ്ഞാനം ആത്മബോധം അതുണ്ടായി ണ്ടായിട്ട് മനസ്സിന് ഉപശമം വരുന്നത് മനസ്സ് ശ്രമിക്കുന്നു അതാണ് ശിവന്റെ പ്രശ്നം അതാണ് അറബിന്റെ എന്തെങ്കിലും പോരായ്മ അതുകൊണ്ടായി എന്നുള്ളത് പോലെ മനസ്സിന് ശ്രമിച്ചു അതിന് വില കണക്ക് മനസ്സിലാക്കുന്നു അത് ഇവിടെ ഗ്രന്ഥകാരം പറയുന്നതനുസരിച്ച് അത് കൃത്യമായും പറയുന്നില്ല പ്രകടനം മുഴുവൻ നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാവുന്നത് ശിവനും സംശയവും നിൽക്കുക ശിവോനും വ്യക്തമായ ആത്മബോധവും ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ വരുന്നിടത്ത് വിശദീകരിക്കും ആത്മബോധത്തെ സംബന്ധിച്ച് ശുവിന് യാതൊരു പ്രശ്നമില്ല ആകെ ഉള്ളതെന്നാൽ ചിത്തവിശ്രാന്തിയില്ല അതാണ് ശിവന്റെ പ്രശ്നം അതാണ് ഇനി മരുന്ന് ഭാഗത്ത് വിശദീകരിക്കുക ചിത്ത വിശ്രാന്തി എന്ന് പറഞ്ഞാൽ മനസ്സ് വിജയിക്കുക സമാ നിറവികൽപ്പ സമാധി മനസ്സിൽ വിജയിക്കുക അതെന്താണെന്നാണ് ഇനി വിശദീകരിക്കുക അപ്പോ അത് എൻ്റെതാണെന്ന് വ്യക്തമായി ഗ്രന്ഥത്തിന്റെ ഇവിടെ പറയുന്നു വായിക്കുമ്പോൾ മനസ്സിലാക്കില്ല എന്താ പ്രശ്നമോ കേലം വിലരാമേതോ നിഗതചാ ഭേ ഭൂരിഭവേ അതി ഭൂരി ഭംഗേയ്ക്കുക ഭേക്കുക വിഗതചാപനം കേവലം ഇലരാമ ചാതക ധാരാഹി ജാതകം പറ്റി ഏഴാമല്ല സ്വഭാവമുണ്ടാവും അതിനും മേടിൽ നിന്ന് വെള്ളം ഒരു കഥയാണ് മഴ വന്നാല് അതിന്റെ ദണവുമാണ് ആ മണ്ണു കുടിക്കുന്നതിൽ ശുദ്ധമായില്ല കുളത്തിൽ നിന്ന് അതിലേന്നും വെള്ളം കുടിക്കത്തില്ല എന്നാണ് അപ്പൊ അത് പഴയകാലത്ത് കവിയുടെ ഒരു ഭാവനയുണ്ട് കാരണം അതിങ്ങനെ തല ഉയർത്തിയിരിക്കുന്നതുകൊണ്ട് കവികളും ഭാഗ്യങ്ങൾ വരുന്ന വെള്ളം കുടിക്കാൻ ഇങ്ങനെ ഇരിക്കാൻ അത് കാര്യൊന്നുമില്ല ഭാവനയാണ് ധാരാഹ്യ ജാതക പക്ഷി മറ്റുള്ള എല്ലാ ജനങ്ങളിൽ നിന്നും വിരക്കനാണ് അതുപോലെ സുഖം ബ്രഹ്മ ഋഷി ബാക്കിയുള്ള എല്ലാ ഭോഗങ്ങളിൽ നിന്നും വിരഗ്ദനാണ് പിന്നെ ഒന്ന് മാത്രം പോകിയതാണ് ബ്രഹ്മാനന്ദം അതാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ബഹു പറയുക ബ്രഹ്മാനന്ദമല്ലാതൊരന്തേണ്ടുഖന്റെ അവസ്ഥ വിഘത ചാപലം എല്ലാ ചാപല്യങ്ങളും നഷ്ടപ്പെട്ടതായ ചേതസ് ഭൂരിഭംഗേജ് ഭോഗേപ്പിക്കുക വളരെയധികം കഷ്ടനഷ്ടങ്ങളുള്ളതായ ഭംഗങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ദോഷങ്ങളും മിഖിനങ്ങളും ഉള്ളതായിട്ടുള്ള ഈ ഭോഗങ്ങളിൽ നിന്നെല്ലാം ശുഭഭോഗങ്ങളിൽ നിന്നും അതിൻ്റെ സാധനങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നെല്ലാം കേവലം വിതരമവിരമിച്ച് പത്രമാത്രം ചോദിച്ചാൽ ധർമാനന്ദത്തെ പ്രാർത്ഥിച്ച വിദഗ്ധനായി രാമന്റെ സ്ഥിതി അതാണ് അതുപോലെ പക്ഷെ അതുപോലെ അതാണ് പറയുന്നത് ഈ ചിത്ത വിശ്രാന്തി കൊണ്ടുവരുന്ന ഒരു സുഖം നിറവുകൾക്ക് അസമാധിയിൽ കിട്ടുന്ന സുഖം അവസാനം സുഖൻ ബ്രഹ്മക്ഷൻ തീരുമാനിക്കുകയാണ് ഇതിന്റെ പരിഹാരം നിറവുകൾക്ക് അസമാധിയാണ് വേറെ വലിയ അങ്ങനെ അതിലേക്ക് പോവുകയാണ് എന്നാണ് നിന്റെ കഥ അവസാനിക്കുന്നത് ആശയത്തോടെ പറയുകയാണ് ഏകദാസം അമല പ്രജ്ഞവും മേലും ഏകാന്ത സുസ്ഥിതവും അപ്രശ്ചിതം ഭക്തിയാണ് ഏകക അമലപ്രജ്ഞ സഹ വേരും ഏകാന്തസ്ഥിതം കൃഷ്ണത്വൈപായ ഭക്തിതരം ഭക്തിയാൽ അമലപ്രജ്ഞനായ പ്രജ്ഞപരിശുദ്ധമായ അമൽ എന്ന് വെച്ചാൽ ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് എന്താണോ സുഖബ്രഹ്മർഷീരും തത്വജ്ഞാനം പൂർണ്ണമാണ് പക്ഷെ അത് ആണ് സംതൃപ്തന് ഇത് മതിയോ ഇതാണ് സംശയം അതാണ് അമലപ്രജ്ഞൻ എന്നുള്ളത് യാതൊരു തരത്തിലുള്ള ന്യൂനതകളുമില്ലാത്ത പ്രജ്ഞയോടുകൂടിയിരിക്കും ഇതേ വിവേനർവ്വതത്തിന് വേദാന്തത്തിൽ സുസ്ഥിതനായിരിക്കുന്ന ആ ഒരു സ്ഥിതി ചെയ്യുന്നവൻ ആനന്ദത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് വ്യാസൻ അങ്ങനെയുള്ള കൃഷ്ണദ്വൈപായനായ മുനിയോട് പിതാവിനോട് ഭക്തിയോടുകൂടി ചോദിച്ചു എന്ന് കഥ തുടങ്ങിയ ഒത്തിരി പിതാവിനെ സമയം ചോദിച്ചു സംസാരാഡംബരവിധം കഥം അഭ്യർത്ഥിതം മുനേ കഥം ചർമം യേക്കതേവ മുനെ മുന്നോട് ചോദിക്കുകയാണ് ഇതം സംസാരാഡംബരം സംസാരമാകുന്ന ആഡംബരം ആഡംബരം എന്ന് പറയുന്നത് മോഹിപ്പിക്കുന്നു അത് വളരെ ആഡംബരമായി ജീവിക്കുന്നു എന്ന് വെച്ചാൽ അത് മറ്റുള്ളവരെ ആകർഷിക്കുന്നത് മോഹിപ്പിക്കുന്നു അതുകൊണ്ടാണ് ആഡംബരവും സംസാരാഡംബരം എല്ലാവരെയും മോഹിപ്പിക്കുന്നതായ ഈ സംസാരം ജീവിതം പ്രപഞ്ചം രണ്ടാമത്തെ ചേർത്താൻ സംസാരമാകുമ്പോഴേ ഇത് എങ്ങനെ പ്രകടമായി ഇതെങ്ങനെയാണ് ഈ പ്രപഞ്ചം ഇങ്ങനെ പ്രകടമായിരിക്കുന്നത് കഥന്റെ പ്രസംഗമാണ് ഇതെങ്ങനെയാണ് പ്രസംഗിക്കുന്നത് ഇതെത്രമാത്രമുണ്ട് അതിന്റെ അളവിന് അളവിനൊക്കെ ചോദിക്കാനാണ് കേസ് ഇതം കിയതെത്രമാത്രമുണ്ട് കസ്യ ഇതാരുടേതാണ് ഈശ്വരൻ്റെതാണോ എന്റേതാണോ അതിന്റെ സൃഷ്ടികർത്താവിനോക്കെ ചോദിക്കും കഥ ഇതെന്നും മുതൽ ഏത് കാലത്ത് ഇതിങ്ങനെ അനുഭവപ്പെടാം അനുഭവപ്പെടാൻ തുടങ്ങി ഇതൊരു എന്താണ് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ചോദ്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം ആണെങ്കിൽ ജനങ്ങളോട് ചോദിക്കുന്നത് ഇതേ ചോദ്യത്തിന് നമ്മുടെ ബുധയെഗതി ജിജ്ഞാസുവായ ഒരു ശിഷ്യൻ ഗുരുവിന്റെ കഴിഞ്ഞു ചെല്ലുമ്പോ ചോദിക്കുന്നതായി ഈ ഗ്രന്ഥങ്ങളിലേപ്പെടുത്തിയിരിക്കുന്ന ഒരു ചോദ്യമാണ് ഏത് ഗ്രന്ഥം എടുത്താലും എങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പോ ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാൻ വേണ്ടിയോണ്ട് അല്ല ചോദിക്കുന്നത് അതൊരു സമ്പ്രദായമാണ് അന്യായേനും ചോദ്യം ചോദിക്കുമ്പോൾ ന്യായമായ രീതിയിലായിരിക്കണം അന്യായമായ ചോദ്യം ചോദിക്കണം അറിയാൻ വേണ്ടിയുള്ള താല്പര്യ താല്പര്യത്തിൽ ചോദിക്കണം വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തർക്കിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തോൽപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചോദ്യം ചോദിക്കണം പ്രത്യേകിച്ചും ആധ്യാത്മികമായ വിഷയങ്ങളെ അതുകൊണ്ട് ആ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ചോദിച്ചു എനിക്ക് ഉത്തരം അറിയാൻ വയ്യാത്ത ചോദ്യം അല്ല എനിക്ക് എന്നെങ്കിൽ സുഭുദ്രം പക്ഷേ എന്ന് അറിയാം ഇതൊന്നുമല്ല പ്രശ്നം ഇതൊരു തുടക്കം മാത്രമാണ് ഒരാൾ നമ്മളെ കാണുമ്പോ നമ്മൾ ചോദിക്കുന്നത് എവിടുന്ന് വരുന്നു ഔപചാരികമായിട്ടുള്ള ഔപചാരിക മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ എവിടുന്ന് വന്നു നമുക്ക എങ്ങോട്ട് പോകുന്നു ഔപചാരിക ചോദ്യങ്ങളാണ് ശരിക്കോടെ അറിയേണ്ട മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് സംസാരിക്കേണ്ട മറ്റെന്തെങ്കിലും വിഷയങ്ങളാണ് അല്ലെങ്കിൽ കിടക്കുന്നതിന് വേണ്ടി ഒരു ഉപചാരമായി ചോദിക്കുന്നതാണ് അതുപോലെ ഈ ചോദ്യം മാത്രമാണ് ഒരാളോട് ചോദ്യം ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കും അല്ല മറുപടിക്കനുസരിച്ച് എന്താണ് തന്നെ യഥാർത്ഥ ചോദ്യങ്ങൾ അതുകൊണ്ടാണ് വീണ്ടും ഇതേ ചോദ്യം ആവർത്തിക്കുന്നത് ഇതിപൃഷ്ഠേനമുന അഖിലമായും യഥാ കമം വക്തവ്യം വിധിപൃഷ്ഠേന മുനാ വിദദാത്മനാം ഈ ചോദ്യത്തിന്റെ ഉത്തരമെല്ലാം ശരിയായറിയുന്നു വിദിതാത്മാവ് അറിയുന്നവൻ അങ്ങനെയുള്ളവരില്ല ഗ്യാസയില്ല ആത്മജയ തന്റെ പുത്രനോട് അഖിലം ഈ ചോദ്യത്തിന്റെ മുഴുവൻ സമാധാനവും അമലം യാതൊരു കളങ്കവും ഇല്ലാതെ പൂർണ്ണമായി വക്തവ്യം പറയേണ്ടതെല്ലാം യഥാവത്ത് സത്യസന്ധമായി പരമാർത്ഥമായി പറയുന്നു എന്നുവെച്ചാൽ ചോദ്യം എന്താണോ ആ ചോദ്യത്തിനനുസരിച്ച് ആത്മതത്വത്തെ എല്ലാം പൂർണ്ണമായും വെളിപ്പെടുത്തിയിരുന്നതാണ് അതാണ് ഈ വിശേഷങ്ങളെല്ലാം യഥാവത് അമലം വക്തവ്യം ഇതെല്ലാം പറയുന്ന മറുപടിയെ സംബന്ധിച്ചാണ് പറയേണ്ടതെല്ലാം അതിൽ യാതൊരു കളങ്കവുമില്ലാതെ അജ്ഞാന സംശയങ്ങളൊന്നും വരാത്ത രീതി യഥാ സത്യസന്ധമായി ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു അപ്പം വ്യക്തമാണ് ഉത്തരവും വ്യക്തമാണ് ആത്മാശ്വാസപൂർവം ഏത് അഹം സശയാബുദ്ധ്യ എന്ന വാക്യം ബഹമന്യത പക്ഷേ ഇത് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു ഉത്തരം വളരെ കൃത്യമായി പറഞ്ഞു പക്ഷേ ഈ ഉത്തരത്തെ ഈ സമാധാനത്തിന് വലിയ ഗൗരവം കൽപ്പിച്ചില്ല മകൻ ഇതൊക്കെ എത്രയോ തോന്നുന്നു ഞാൻ കേട്ടതാണ് എന്നുള്ള രീതി ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണെന്നുള്ള രീതിയിൽ അതിന് അർഹിക്കുന്ന യാതൊരു ഗൗരവവും കൽപ്പിച്ചില്ല അകുപ്പമന്യത നമന്യത അതിന് കാര്യമായിട്ടത് ബഹുമാനിച്ചതാ പരിഗണിച്ചത് കാരണം എന്ന് വെച്ചാൽ അച്ഛനും മോനന്ദ ആദ്യം സംസാരിക്കും മകന്റെ ഗുരുവും അച്ഛനാണ് അപ്പൊ ഇതിന്റെ മുമ്പ് തന്നെ പലതാണ് പിതാവിൽ നിന്നു കേട്ടിട്ടുള്ള ചോദ്യത്തിൽ ഇങ്ങനൊരു പൊതുവായൊരു ചോദ്യം മര്യാദയനുസരിച്ച് ചോദിച്ചെങ്കിലും പ്രശ്നത്തിന്റെ പരിഹാരം എന്താണോ താൻ ആഗ്രഹിച്ച അതെന്റെ പിതാവും എതാവ് വീണ്ടും എന്ന രീതിയിൽ തത്വത്തെ ഉപദേശിക്കുകയാണ് നമ്മളൊക്കെ പറയുന്നത് ബ്രഹ്മം അങ്ങനെയാണ് ഇങ്ങനെയാണ് പ്രപഞ്ചം വിദ്യ സംസാരം ആഡംബരമാണ് ഇങ്ങനെയുള്ള ഈ തത്വപ്രസംഗം അതാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ശിവനെന്ത് ചെയ്തു ഇതിനെ കണക്കിലെടുക്കില്ല ഉത്തരം പുത്ര തൃപ്തനായിരിക്കാം പറ മനസ്സിലാകത്തോണ്ടല്ല മനസ്സിലായി മനസ്സിലായതുകൊണ്ടാണ് അപ്പൊ ഞാൻ ഒരു കയ്യിൽ തന്നെ പലവണ് പറയുമ്പോ നിങ്ങള് പറയാട്ടോ നമ്മൾ എത്ര തോളം കേട്ടതാണ് കേട്ട കാര്യം വീണ്ടും കേൾക്കുമ്പോ ഇത് കേട്ടതാണല്ലോ എന്നാണ് മനസ്സിൽ വരുന്നത് കേൾക്കാതിരുന്ന് കേൾക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കും അതൊരു പുതിയ അറിവാണ് അറിഞ്ഞത് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞു ഇതിനോട് അത്ര വലിയ ആദരവ് തോന്നുന്നുണ്ട് അത് അറിയാവുന്ന കാര്യമാണ് മിക്കവാറും നമുക്കറിയാവുന്ന പുതിയ അതിനും മൈൻഡ് ചെയ്തില്ല എന്നോ ഇത്രയും പറഞ്ഞിട്ട് ഇത്രയും എങ്ങനെയാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞു സത്യസന്ധമായി മുഴുവനും എല്ലാ കാര്യങ്ങളും അറിയേണ്ടതല്ല എല്ലാം പറഞ്ഞിട്ടും കൊത്തിരുന്നതിനും വില കൽസ എന്തുകൊണ്ട് കൊത്തിരിന്റെ പ്രശ്നം അതല്ല ഇതല്ല കൊത്തിരിന്റെ പ്രശ്നം അത് പിതാവ് മനസ്സിലാക്കിയില്ല ജനങ്ങളിലും മനസ്സിലാക്കില്ല അത് മറ്റുള്ള ഈ കഥ മതപ്രഭാഷകളിൽ നമ്മൾ കേൾക്കുന്ന പലതരത്തിൽ കേൾക്കുന്നതാണ് ഈ എഴുതിയിരിക്കുന്നതുമായിട്ടുള്ള വലിയ ബന്ധമൊന്നുമില്ല നമ്മൾ കേൾക്കുന്ന കഥയ്ക്ക് അതുകൂടെ മനസ്സിലാവുന്നു നമുക്ക് എന്തെങ്കിലും വരുന്ന ഒന്നുമില്ല എന്ത് കിട്ടിയാലും നമ്മളിതൊക്കെ പ്രയോഗിക്കും കൃത്യമായി മനസ്സിലാക്കണമെന്നുണ്ടെന്ന് തോന്നുന്നു പറയുന്ന നമുക്കെന്താ കേൾക്കുന്നവർക്ക് ഒട്ടുമില്ല അതുകൊണ്ട് ഞാനിത് അങ്ങനെ കേട്ടിട്ടുള്ള എന്താണ് ഈ പറയുന്ന കഥയുടെ താല്പര്യം അത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഇവിടെ അത് പറയുന്ന വിധത്തിൽ പലതും പറയുന്ന എന്താണ് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ജനകന്റെ അടുത്ത് പോയി അപ്പൊ ജനകം പറഞ്ഞ് നീ അറിഞ്ഞത് തന്നെയാണ് ശരി അതിനു വേണ്ടിയിട്ടാണ് പോയത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സാറിന് കഴിക്കുന്നത് അതൊന്നു പറയും അതെന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ പറയുന്നത് എന്തായാലും നമുക്ക് കേട്ടിരിക്കാൻ പറ്റും അഹം ഏതത് പൂർവം ആഖ്യാസിതൊക്കെ പണ്ടു നിറയുന്നതിനെ ഉപദേശിച്ചിട്ടുള്ള ശരിയായി ആത്മാവിഷ സമ്യക് ഉപദേശിച്ചിട്ടുള്ള കാരണത്തത് പിതാക്യം ആ പിതാവിന്റെ വാക്യത്തെ സുഭാഷൻ ശുഭയാ നല്ല ബുദ്ധിയോടുകൂടി ന ബുഹമന്യ ബുദ്ധിയോടുകൂടി അതിനെ ബഹുമാനിച്ചില്ല ഇതൊക്കെ എത്രയോ തോളം പറഞ്ഞ വീണ്ടും അത് തന്നെ പറയും ഈ ചോദ്യത്തിൽ അപ്പോ ഇവിടെ ശുഭന്റെ ആഗ്രഹമല്ല ആ ചിത്തവിശ്രാന്തി ആഗ്രഹിച്ചിട്ടാണ് ശുഖന്റെ ചോദ്യം എന്തിനാണ് ചിത്തവിശ്രാന്തി ആഗ്രഹിക്കുന്നു ഇതിനാണ് അതായത് തത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം അല്ല ഇത് ശുഖം മനസ്സിലാക്കി തത്വജ്ഞാനം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കില്ല അത് ഭാഷകാരനെന്നറിയാം തത്വജ്ഞാനത്തിന്റെ പ്രയോജനം എന്താണ് അജ്ഞാനം നശി ശുഖബ്രഹ്മക്കിപ്പോ അജ്ഞാനം നശി അതുകൊണ്ടെന്താ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളില്ലേ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമാവുന്നില്ല ഇവിടെ ശുഖന് വേണ്ട എന്താണ് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കും തത്വജ്ഞാനം കേൾക്കുന്നു പറയുന്നു ഉപദേശിക്കുന്നു അതുകൊണ്ട് കാര്യങ്ങളില്ല ഇവിടെ ഈ ഗ്രന്ഥകാലം പറയുന്നില്ല ദോഷകാലം പറയുന്നതിനനുസരിച്ച് തത്വജ്ഞാനം മതി മറ്റൊന്നും വേണ്ട അജ്ഞാനം നിശ്ചാ മതി മറ്റൊന്നും വേണ്ട ഇവിടെ അത് ഇവിടെ എന്ത് വേണം സമാധി സമാധിയിലേക്ക് പോവുകയാണ് മറ്റങ്ങനെയല്ല ഭാഷകാരം പറയുന്നതനുസരിച്ച് തത്വജ്ഞാനം തന്നെ പൂർണ്ണമാണ് ഇതാണ് രണ്ടും തമ്മുടെ വ്യത്യാസം അപ്പോ ശിവരമിക്ക് ആ തത്വജ്ഞാനം അതും വിഷയമാണ് ഏത് ഇത് ഭക്ഷ്യകാരന്റെ കാഴ്ചപ്പാട് വേറെയാണ് ഭാഷകാരന്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് പറയുന്നത് തത്വജ്ഞാനം പൂർണ്ണമാണ് എല്ലാ പ്രശ്നവും അങ്ങൊന്ന് പരിഹരിക്കുകയാണ് പക്ഷെ ഈ ഗുരന്തകാലത്തെ കാഴ്ചപ്പാടാണ് അവിടെ പറയുന്നത് തത്വജ്ഞാനം പരിഹാരം അല്ല പിന്നെയോ സമാധിയാണ് പരിഹാരം രണ്ടുപേരുടെ അദ്വൈതികളായ രണ്ട് അദ്വൈതികളുടെ കാഴ്ചപ്പാടിന്റെ വ്യത്യാസം രണ്ടുപേരും അവരവരുടെ അഭിപ്രായം ഉറച്ചേക്കും ഭാഷകാലം മുറി തത്വജ്ഞാനം മുറി അതിനകൊന്നും അപ്പോ തന്റെ ആശയം എന്താണ് ഇത് സമാധി കൊണ്ട് അവസാനിപ്പിക്കണം അതിനുവേണ്ടിയിട്ടാണ് ഈ കഥ ഇങ്ങനെ പറഞ്ഞത് അത് മനസ്സിൽ വിവർത്തനം ചെയ്യുകയല്ല കാരണം ഇതിന്റെ ഇംഗ്ലീഷും ഹിന്ദിയും എല്ലാം കിട്ടും അത് ഇന്ന് മനസ്സിലാക്കാം അപ്പോ അതുകൊണ്ട് നമുക്കിതിന്റെ താല്പര്യം മനസ്സിലാകത്തില്ല ഇതിന്റെ ഇതിന്റെ വ്യാഖ്യാനം പോലും വേറൊരു ഒഴിക്കാ നമ്മളിത് മനസ്സിലാകുമ്പോൾ എന്താണ് ഭാഷകാരുടെ നിലപാട് എന്താണ് ഈ ഗ്രന്ഥകാരന്റെ നിലപാട് എന്നുള്ള വ്യത്യാസം കൂടെ മനസ്സിലാക്കും ഈ വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഇതിന്റെ വ്യാഖ്യാനം പോകും അങ്ങനെ ഒരു വ്യത്യാസം വ്യാഖ്യാതാവും മനസ്സിലാക്കും അങ്ങനെയൊരു പ്രശ്നമുണ്ട് വിവർത്തനത്തിൽ നമ്മൾ മത്സരം വ്യാസോതി ഭഗവത് ബുദ്ധി പുത്രയേദന പുത്രം നഹം ജാതോ ഭഗവ ഈ ദൃശ്യം പുത്രാഭിപ്രായം ബുദ്ധി അപ്പൊ പുത്രന് തന്റെ തൃപ്തി അത് മനസ്സിലാക്കി പിതാവ് മുഖഭാവത്തേന്ത് വായിച്ചു പിതാവിന് പുത്രം മനസ്സിലാവും എപ്പോൾ സഹകരിക്കുന്നത് പുനഃ പുത്രം പൃത്യവാച ഇതൊക്കെ കണ്ടു കഴിഞ്ഞോ മകന്റെ തൃപ്തിയില്ലാത്ത മുഖം കണ്ടു കഴിഞ്ഞോ പുത്രനോട് പറഞ്ഞു പൃഥ്വിചോട് പറഞ്ഞ എന്താണ് യഥാർത്ഥമായി ഞാൻ അറിയുന്നില്ല യഥാർത്ഥമായി ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ബ്രഹ്മതത്വത്തെ അറിയുന്നില്ലെന്നാണ് അതായത് ബ്രഹ്മസൂത്രം രചിച്ച ആളാണ് ആര് വ്യാസം ബ്രഹ്മസൂത്രം രഹിച്ച വ്യാസം ബ്രഹ്മം അറിയുന്നില്ല എന്നാണോ പറയുന്നത് അതന്നെ പറയുന്നത് അങ്ങനെ പറയാൻ വഴിയില്ല പക്ഷെ ഇവിടെ അവസാനം ശുഗം ബ്രഹ്മർഷി സ്വന്തം വഴി തിരഞ്ഞെടുക്കണം ആദ്യ ഉപദേശം അനുസരിച്ചിട്ട ജനകരും വ്യാസം പറഞ്ഞു പോവണമെന്നും ഉപദേശിക്കുന്നു വ്യാസം പറഞ്ഞതേ ഉപദേശിക്കുന്നു പിന്നെ ഇവിടെ തത്വൻ ന ജാനാമി തത്വനിഷ്ഠമായി ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം ഇപ്പൊ ഞാൻ നിന്നെ എന്തൊക്കെ ഉപദേശിച്ചു അത്ര എനിക്ക് അറിയാം അതിനപ്പുറം ശുഭബ്രഹ്മർഷിയെ ആകർഷിക്ക് ആ ആഗ്രഹിക്കുന്നവർ ഞാനോണ്ട് അതെന്താണോ ആ സമാധിയിൽ ഇങ്ങനെ വർഷം ഇരിക്കുക അത് എനിക്കറിയില്ല എന്നാണ് ഇരിക്കുന്നില്ല സമാധി ഉണ്ടെന്ന് അറിയുന്നില്ലെന്നല്ല താനിപ്പോ അങ്ങനെ ഒരു സമാധി ഇല്ല ഇരിക്കുന്ന പറയുന്നില്ല യാഥാർഥ്യം എന്ന് പറയുന്ന ഇവിടെ സമാധിയാണ് ഈ ഗ്രന്ഥകാരന്റെ അഭിപ്രായം ഗ്രന്ഥകാരന്റെ അഭിപ്രായം ഓരോ കഥാപാത്രങ്ങളിലൂടെ പറയുകയാണ് സമാധിക്കിത്ര യാഥാർത്ഥ്യമല്ല സമാധിയിലാണ് പരമാർത്ഥം അപ്പോ ഇവര് രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണം നടത്തുമ്പോ സമാധി ഇരുന്നുകൊണ്ട് സംഭാഷണം നടത്താൻ പറ്റും നടക്കുന്ന കാര്യ സമാധി ചെയ്യാവുന്നവരും ഇതെല്ലാം തിത്ത ഉപചിച്ചില്ല അങ്ങനെ ഞാൻ എന്താണ് ഇതിനെ അറിയുന്നില്ല വർത്തമാന കാര്യത്തിൽ പ്രയോഗമാണ് അതുകൊണ്ട് മുമ്പ് സമാധി ഉണ്ടായിട്ടില്ലെന്നോ ഭാവിയിൽ സമാധി ഉണ്ടാകത്തില്ലെന്നോ അങ്ങനെയൊന്നും അർത്ഥമല്ല ഞാൻ സമാധിയിലുണ്ട് എന്നുള്ളതാണ് കൂടെ പറയുന്നത് അപ്പൊ ശുഭബ്രഹ്മക്ഷി വേണ്ടതെന്നാണ് ഇത് ഇപ്പൊ ഇങ്ങനെ തീരത്തില്ല തത്വത്തെ സംബന്ധിച്ച് ഞാനീ പറഞ്ഞേ കൊണ്ടുവിടുന്നു എനിക്ക് പറയാനില്ല ഒരാളൊരു അസുഖമായിട്ട് ഡോക്ടറെടുത്തു ഡോക്ടർ ശരിശിതമായി പരിശോധിച്ച് പറയും ഇതുപോലെ അസുഖം എത്രയുള്ളൂ വലിയ പ്രശ്നമൊന്നുമില്ല അസുഖിത്രയുള്ളൂ എന്ന് പറയുമ്പോ കേൾക്കുന്നതാണ് ഒരു സമാധാനമായി അസൂ ഇത്രയുള്ളൂ പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്താണ് ഇതിനൊരു ചെറിയ ഓപ്പറേഷൻ വേണം എനിക്കതറിയില്ല ഞാൻ ഓപ്പറേഷൻ ചെയ്ത എന്ന് പറയും പോലെ ഇപ്പൊ തത്വജ്ഞാനം കൊണ്ട് ഒരാൾക്ക് പ്രയോജനം ഇല്ലെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്താണ് രോഗത്തെ കണ്ടുപിടിച്ച് രോഗം മാറ്റാം എന്നൊക്കെ അറിയുന്ന ആ ഒരു സമാധാനം രോഗിക സമാധാന തത്വജ്ഞാനത്തിന് അത്ര പ്രയോജനമോ പക്ഷെ രോഗം മാറണമെങ്കിൽ എന്ത് വേണം ഓപ്പറേഷൻ നടത്തണമെന്ന് പറയുമ്പോൾ ഡോക്ടറെ അറിയുന്നെങ്കിൽ എന്ത് പ്രശ്നം പരിഹരിക്കും അതുപോലെ തന്നെ ഇവിടെ രണ്ടായിട്ടാണ് ഇതിനെ അവതരിപ്പിക്കുന്നു തത്വജ്ഞാനം മറ്റൊന്ന് സമാധം അതാണ് ഇതിന്റെ പോക്ക് ഇപ്പൊ തത്വം ജ്ഞാനം എന്ന് പറയുന്നത് അറിവാണ് ആശയം ഈ ആശയം എന്ന് പറയുന്നത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ദൈനംദിന ജീവിതത്തിലുള്ള അവന്റെ വ്യക്തി ജീവിതത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ ഉള്ള അവന്റെ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരമല്ല അതാണ് ഇവിടെ പറയാൻ ശ്രമം ഈ മുമ്പോട്ട് കയറി പറയും ഇവിടുത്തെ കാര്യം ഞാൻ പറയും ഈ കഥയും പറയാൻ ശ്രമിക്കുന്നു അതൊന്നും പരിഹരിക്കത്തില്ല ഈ അവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരൊറ്റമൂലി എന്താണോ എന്തുകൊണ്ട് അവന് പിന്നെ പ്രപഞ്ചമില്ല ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോഴാണ് പ്രശ്നങ്ങളുടെ തത്വജ്ഞാനവും ഒരു സംശയവും ബ്രഹ്മം ഞാൻ ബ്രഹ്മമാണ് ലോകം ബ്രഹ്മമാണ് എല്ലാം അറിയാം പക്ഷെ വിശപ്പം ദാഹിത്യം ഈ തത്വജ്ഞാനം വിശപ്പുണ്ടാകും മാറ്റും അപ്പൊ മാറ്റാനുള്ള എല്ലാ മാറ്റാം അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുമ്പോൾ തത്വജ്ഞാനം അല്ല മാറ്റുന്നതിനുള്ള ഉപായം അതിന് മാറ്റുന്നതിനുള്ള ഉപായം അല്ലവും ജലവുമാണ് എന്തുകൊണ്ട് അത് മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഒരു യാഥാർഥ്യമാണ് ഇനി ഒരാള് തത്വജ്ഞാനത്തിന്റെ വഴിയെ പോകുന്ന ആണെങ്കിൽ ഈ പ്രശ്നവും പരിഹരിക്കും എന്താണ് വിശപ്പും താപം പരിഹരിക്കും എന്ത് വേണോ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങള് വിശക്കുമ്പോഴെല്ലാം ആഹാരം കഴിക്കുക ദാഹിക്കുമ്പോഴെല്ലാം വെള്ളം കുടിക്കുക ഇല്ല കാരണം ഇവിടെ പറയലീ സർവ്വഭോഗങ്ങളിൽ നിന്നും വിരക്തനാണ് അയാൾക്കൊന്നും വേണ്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ഒന്നിനി ആഹരിക്കില്ല പിന്നെ എന്റെ വിശപ്പും ദാഹവും അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ വിശപ്പും ദാഹവും പോലെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണ് സമാധി അതാണ് ഇവിടെ പറയുന്ന സന്ദേശം അപ്പൊ ഈ സമാധി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ പറയുന്ന അനുസരിച്ച് ഒരാളും സ്വയം നേടേണ്ട ഒരു കാര്യമാണ് അതിന് വേറെ ആർക്കും ഒന്നും ഇടപെടാൻ പറ്റത്തില്ല ഉള്ളു പറയുന്നത് അതായത് അങ്ങനെ തന്റെ ജീവിതത്തിൽ തത്വജ്ഞാനം കൊണ്ട ഒരേ ഒരു പ്രശ്നമേയും പരിഗണിക്കുന്നു എന്താണ് അജ്ഞാനം തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഒറ്റയടിക്ക് പരിഹരിക്കണം അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് പരിഹരിക്കണം എന്താണോ ഇവിടെ പറയുന്നുണ്ടോ വിരകേണ്ടി അവരോന്നോരോന്ന് പരിഹരിക്കുന്ന അവന്റെ മനസ് രൂപത്തിലേക്ക് പോകുന്നു ആയിട്ടേക്ക് നിയന്ത്രിക്കുക രസത്തിലേക്ക് പോകുന്നു അതിനെ നിയന്ത്രിക്കുക അങ്ങനെ ജ്ഞാനേന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നിയന്ത്രിച്ച് ഭൗതിക തിരക്കി ഒരാൾക്ക് വേണ്ടി എടുക്കാം അതൊക്കെ സാധിക്കും അതൊരു ബലപ്രയോഗമാണ് ഏത് സമയം അത് പോകാം വിശ്വാമിത്ര പോലെ കയ്യിൽ നിന്ന് പോകും അറിയാതെല്ലാം കയ്യിൽ നിന്ന് പോകുവാനും പരിഹാരമാണ് ശരിയായ ഒരു പരിഹാരം ജ്ഞാനമാണ് ശരി എന്തും മാറിയാതെ അജ്ഞാനം മാറിയാലോ അജ്ഞാനം മാറിയാതെ എന്താണ് വിശപ്പിന് കാരണം ഭക്ഷണം കഴിക്കാത്ത എന്നറിഞ്ഞു കഴിഞ്ഞാൽ വിശപ്പ് മാറും അല്ല ഈ നമ്മൾ ഇതാണ് ീ മതപ്രഭാഷണത്തിന് വളരെ ശ്രദ്ധിക്കുന്നു ഒരു തത്വം ഞാനിക്ക് വരുന്ന മാനസിക ദുഃഖം എന്ന് നമ്മൾ പറയുമ്പം തന്നെ എന്ത് ചെയ്യുന്നു തത്വം മാനസിക ദുഃഖം ഉണ്ടെന്ന് അംഗീകരിക്കുകയാണ് തത്വം ഞാനി ദുഃഖിക്കുന്നവനാണ് നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിഹാരം അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമ്മൾ ആദ്യം തന്നെ അംഗീകരിച്ചു എന്താണ് തത്വജ്ഞാനിക്കും ദുഃഖമുണ്ട് നമ്മൾ അംഗീകരിച്ചിട്ട് പറയും തത്വജ്ഞാനിക്കും ദുഃഖമുണ്ട് അംഗ കാരണം ജ്ഞാനം ദുഃഖത്തിന് പരിഹാരമാണെങ്കിൽ തത്വജ്ഞാനിക്ക് ദുഃഖം ഉണ്ടാവത്തില്ല നമ്മൾ പറയുന്നത് ജ്ഞാനം കൊണ്ട് ദുഃഖങ്ങളെല്ലാം പരിഹരിക്കുമെങ്കിൽ തത്വജ്ഞാനിയുടെ ദുഃഖം എന്ന് പറയാൻ പറ്റും തത്വജ്ഞാനിക്കു ദുഃഖമില്ല അത് എന്താണ് തത്വവിജ്ഞാനയിലെ ദുഃഖത്തിന്റെ നിമിത്തങ്ങൾ ദുഃഖത്തിന്റെ ദൈര്യം മറ്റു കാര്യങ്ങളൊക്കെ എന്താണ് ദുഃഖത്തിന്റെ നിമിത്തം അനുസരിച്ചിട്ടാണ് ഒന്ന് ഇപ്പൊ ആധുനിക ശാസ്ത്രത്തിന് പോലും മെഡിക്കൽ സയൻസിനു പോലും ദുഃഖത്തെ അളക്കാൻ പറ്റില്ല ദുഃഖം എത്രയാണെന്ന് അളക്കാനുള്ള ഉപകരണങ്ങൾ വിവരം കണ്ടുപിടിച്ചിട്ടില്ല ഇത്ര ഡി ദുഖന്ന് പറയാൻ പറ്റും നമ്മള് പനിയൊക്കെ ഇളക്കുമ്പോൾ ദുഃഖം ഇളക്കാൻ അത് കഴിയത്തില്ല പിന്നെ ഒരാളുടെ ദുഃഖം എന്ന് പറയുന്നത് എന്താണ് ആ ദുഃഖത്തിന്റെ നിമിത്തങ്ങൾക്ക് ആശ്രയിക്കരുത് എങ്ങനെയെന്നുള്ള ഇപ്പൊ ഇവിടെ തന്നെ ഇതുപോലെ കഥയിലാണ് പറയുന്നത് എന്താണ് ജന്ധം ഉപേദകൃത്യം ദ്വിപായുനോ വിരഹകാദര അജുഭാവ എന്നാണ് എവിടെയാണ് പറയുന്നത് ഈ പറയുന്ന വ്യാസം തന്നെ സ്വന്തം പുത്രം വീട്ടിൽ നിറങ്ങി പോയത് എന്താണ് നിരവണിക്ക് തോന്നാ പറഞ്ഞു ഞാനിയാണ് ആ നിലവണിക്ക് എത്ര ഡിഗ്രി ഉണ്ടെന്ന് നമുക്ക് കളിക്കാൻ പറ്റും നമുക്ക് കളക്കാൻ പറ്റത്തില്ല ാണ് അപ്പൊ പക്ഷികളും മൃഗങ്ങളും മരങ്ങളും ഒക്കെ കേൾക്കത്തക്ക രീതിയിലുള്ള ആത്മാർത്ഥമായ നിരപടിയായിരുന്നു അത് ഒട്ടും കുറവില്ല അപ്പൊ അത് എന്തായാലും ഡിഗ്രി കുറഞ്ഞ നിലപടിയല്ല കൂടിയ നിലപടിയാണ് ദുഃഖത്തിന്റെ തീവ്രത ദുഃഖത്തിന്റെ നിമിത്തങ്ങൾക്കനുസരിച്ചിട്ടാണ് തത്വം ഞാൻ വേണ്ട അതിനെ തീരുമാനിക്കുന്നു അത് നമ്മുടെ ഒരു എന്താണ് ഭ്രാന്തിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷണം ചെയ്യാ എന്നു മാത്രം പരീക്ഷിക്കരുത് നിങ്ങള് തത്വജ്ഞാന കരുതുന്ന ഒരാളിന്റെ മുമ്പ് ചെന്നിട്ട് അയാളുടെ മൂക്കിനിട്ട് നല്ലൊരു ഇടിയൊടുക്കുക എന്ന് നോക്കുകയാക്ക് എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന ഒരാൾ എത്രമാത്രം വേദനിക്കുന്നുണ്ട് മാനസികമായി ദുഃഖം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാ പിന്നെ നമുക്ക് കളക്കാൻ പറ്റില്ല അങ്ങനെ അതെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് എനിക്ക് മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ടാണ് ഞാൻ മറുപടിയൊക്കെ പറയുന്നത് സ്വയം ചിന്തിക്കാൻ വേണ്ടി അതായത് തത്വാനീ പരമാവധി സാധിക്കുന്നത് എന്താണോ ി അങ്ങനെ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ മാനസികവും എല്ലാ ദുഃഖവും മാനസികമാണ് മനസ്സിലല്ലാ ദുഃഖം വേറെ ഒടുക്കും പ്രകടമാകത്തില്ല ശരീരത്തിലോ ആത്മാവിനോ ഒന്നും ദുഃഖമില്ല എല്ലാ ദുഃഖവും മനസ്സിലാണ് പിന്നെ തത്വജ്ഞാനെ സംബന്ധിച്ചിടത്തോളം പരമാവധി സാധിക്കുന്ന എന്താണോ ഈ ദുഃഖം മിഥ്യാണെന്നറിയാം സത്യമല്ലേ തന്നെ കുത്താൻ വരുന്ന കാള മിഥ്യയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തത്വജ്ഞാനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഏ നല്ലൊരു കാള കുത്താൻ വരെയാണ് മിഥ്യയാണോ ഒരു പ്രയോഗമില്ല അതുകൊണ്ട് തത്വജ്ഞാനിക്ക് യാതൊരു ബെനിഫിറ്റും എന്ന് പറഞ്ഞാൽ മനസ്സിലാവും അതുപോലെ തന്നെ ദുഃഖം മിഥ്യയാണെന്ന് അറിയണം പിന്നെ അതൊന്നും െ ദുഖം ബാധിക്കുന്നില്ല തന്നെ ബാധിക്കുന്നില്ല എന്ന് എവിടെ ബാധിക്കുന്നില്ല എന്ന ആത്മാവിനും മനസ്സിനെ ബാധിക്കില്ല എന്നാണ് ദുഃഖം മനസ്സിലാണെന്ന് വരുന്നത് അതിനെ ബാധിക്കുകയാണ് ആത്മാവിനെ ബാധിക്കില്ലെന്ന് ഒരാൾ അറിഞ്ഞുകൊണ്ട് കഥ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല കഥയാണ് മറ്റേത് തത്വജ്ഞാനിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ഭ്രാന്തിയാണ് തത്വജ്ഞാനി എന്ന് എടുക്കാ ചേരക്കാണെന്നൊക്കെ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ചില വിഭ്രാന്തികളാണ് അത് ഈ തത്വജ്ഞാനം എന്താണെന്നുള്ള ബോധം നമുക്കില്ലാത്തതുകൊണ്ടാണ് അങ്ങനെയൊന്നുമില്ല പിന്നെ നിങ്ങൾ പറയുന്ന വേറൊരു കാര്യമുണ്ട് മനസ്സിന്റെ സ്ഥൈര്യം മനസ്സിന് ചില ഗുണം വിചാരിക്കും അതിന് ബന്ധം മനസ്സിലായത് നമ്മുടെ പഴയ ഞളമ്പ് കഥ പറഞ്ഞിട്ടുള്ളതാണ് ഒരു ക്യാപ്റ്റൻ ബംഗ്ലാദേശ് യുദ്ധത്തിൽ തന്റെ കാല് മൈലിങ് മൈന പൊട്ടിത്തെറിച്ചപ്പോൾ അടുത്തിരുന്ന ആളിൽ നിന്ന് അന്ന് പുക്രി എന്ന് പറയുന്ന തത്തി തന്റെ കാലം നമുക്ക് ചെയ്യാൻ പറ്റും തത്വജ്ഞാനം കൊണ്ടാണ് അതിന് തത്വജ്ഞാനമല്ലാതെ മനസ്സിന്റെ സ്ഥൈര്യമാണ് അതിനെ തത്വജ്ഞാനമായിട്ട് കൂട്ടി കുഴിക്കുന്നത് ആ സ്ഥൈര്യം അതൊക്കെ ചെയ്യാൻ പറ്റും ഈ അടുത്ത കാലത്ത് ഒരു ഒരാള് ഒരു പാറയുടെ ഇടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നാണ് അയാൾ കൈ കല്ലിന്റെ ഇടയിലായി പോയി അയാൾക്ക് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു വേറെ വഴിയില്ല അയാളുടെ കൈനൊരു കത്തി ഉണ്ടായല്ല അടുത്ത് അയാളെ കൈയെ കുറിച്ചു ചെയ്യാൻ പറ്റുമോ കഴിച്ച തത്വജ്ഞാനം കൊണ്ടാണ് അപ്പൊ ഇവിടെ സാഹചര്യത്തിൽ മനുഷ്യന്റെ അതിനൊന്നും ഉള്ളതല്ല തത്വജ്ഞാനം തത്വജ്ഞാനത്തിൻ്റെ പ്രയോജനമേ ഉള്ളൂ എന്താണ് അജ്ഞാനം നിശ്ചയിതെപ്പോഴും മനസ്സിലാക്കി മറ്റേത് നമുക്കൊരുപാട് ആത്മീയം ഭ്രാന്തി അത് മാറ്റിയെടുക്കുക വലിയ പ്രയാസവും ഫ്രഷാണെങ്കിൽ കുറേയൊക്കെ മാറും പഴകിപ്പോയാൽ മാറാൻ പ്രയാസം മാനസിക സ്ഥൈര്യ അല്ല തത്വജ്ഞാനം കൂടാതെ അതൊക്കെ ഉണ്ടാകാം പിന്നെ പൊതുവെ തത്വജ്ഞാനിക്ക് മനസ്സിന് സ്ഥൈര്യം ഉണ്ട് എന്ന് പറയുന്നത് അയാൾ നിരന്തരം ശീലിച്ചു വരുന്ന സാധനങ്ങളുടെ ഫലവും മറ്റുള്ള നിരന്തരമായി ഒരു പട്ടാളക്കാരനങ്ങനെ കാലിൽ മുറിക്കാൻ ഇന്നുകൊണ്ട് കഴിയുന്നു അയാൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിന്റെ ഫലം അങ്ങനെയുള്ളൊരു സെയിൽ ഉണ്ടാകും തത്വജ്ഞാലി ചെയ്യുന്നു നിരന്തരമായ സാധനങ്ങൾ അനുഭവി എന്ന് ശീലിച്ച് വൈരാഗ്യം പോലെയുള്ള ഗുണങ്ങൾ അയാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അതിന്റെ ഫലമായി അയാൾക്ക് എന്തരുന്നു മുക്കേഷ് അനന്ത ഇതൊക്കെ ഓർമ്മ വരുന്നുണ്ട് സുതേഷ് വികതസ്പൃഹ ഭീതരാഗ ഭയക്രോ സ്ഥിരത എല്ലാം നല്ല സാധനയുടെ ഫലമായി വരുന്ന എപ്പോഴും ഓർത്തുവയ്ക്കണം തത്വജ്ഞാനത്തിൻ്റെ ഒരു ഫലമേതുകൊണ്ടാണ് ഭാഷകാരൻ്റെ ഭാഷകാരം പറയുന്നത് നിങ്ങൾ കേൾക്കുന്ന മാർക്കറ്റിൽ നിങ്ങൾ കേൾക്കുന്ന തത്വജ്ഞാനത്തിന് ഒരുപാട് ഫലങ്ങളുണ്ട് അത് മത്സരിക്കുന്നുണ്ടായിട്ടുള്ള ചോദ്യങ്ങളൊക്കെ അത് വാസ്തവമായിട്ട് പെട്ടെന്നുള്ള കാര്യം അതുകൊണ്ട് ശരിയായ സാധനങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥൈര്യമാണ് ഇനി ഇതൊന്നും ജന്മം നിങ്ങളുടെ ജന്മം കൊണ്ടുവരുന്ന ചില ധീരന്മാരെ ചിലര് രക്തം കണ്ടു കഴിഞ്ഞാൽ ബോധം കണ്ടു വീഴുന്നവരും ഇവിടെ ഒത്തിരി ചേരുന്ന കണ്ടവിടം ബോധം പറ്റും എല്ലാവരും അങ്ങനെയാണ് പരിശീലനം കൊണ്ടുപോകുന്ന നിരന്തരം ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ രക്തം കണ്ടു ബോധം കണ്ടു വന്നു കഴിഞ്ഞാൽ രക്തത്തിൽ കുളിച്ചതെന്നാണ് കുറച്ച് പരിസ്ഥിതി അതിലൊന്നും തത്വജ്ഞാനമാക്കിയാണ് കണ്ട അപ്പോ ഇവിടെ സുഗന് വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഞാൻ എന്ത് പറഞ്ഞു വന്നപ്പോഴാ ഇങ്ങോട്ട് പോയത് എൻ്റെ ബന്ധിമാരിങ്ങോട്ടോ എന്ത് പറഞ്ഞപ്പോഴാണ് അറങ്ങുമ്പോ എവിടെ നിന്നാ ഞാൻ തിരിഞ്ഞത് അറും ഏ ഭിപ്രായങ്ങളാണ് അതായത് ഭാഷകാരന്റെ അഭിപ്രായം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം എന്താണ് തത്വജ്ഞാനമാണ് ഭാഷകാരൻ അതിനെങ്ങനെ പരിഹാരമാകുന്നു എന്നുള്ളത് മറ്റൊരു വിഷയം കാരണം തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം ലഭിക്കുന്നു സംസാരം നിവൃത്തമായി ആരിക്കലാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരം അത് കൃതകൃത്യനായി അത് പിന്നെ കർത്തവ്യങ്ങളൊന്നുമില്ല സമാധി കർത്തവ്യമല്ല പലതോടെ ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യാനില്ല അങ്ങനെ തെളിഞ്ഞ ബോധം അതാണ് ഇപ്പോ ഇവിടെ ഗ്രഹകാരൻ പറയുന്ന അതല്ല അങ്ങനെ ഒരു ബോധമൊക്കെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നമുണ്ട് അതാണ് ഞാൻ വിശത്തിന്റെയും ദാഹത്തിന്റെയും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് മനുഷ്യജീവിതം വ്യക്തി ജീവിതത്തിലും അതാണ് പറയുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ വേണം ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാവും അങ്ങനെ ഒരു പരിഹാരമാണ് ആത്യന്തികമായ പരിഹാരം ഈ നല്ല കാലത്തെ അവിടെയാണ് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഇപ്പൊ വിശപ്പും ദാഹവും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ചോദ്യം വന്നത് തത്വം ഞാനും കൊണ്ടൊക്കെ പരിഹരിക്കാൻ പറ്റും പറ്റത്തില്ല പിന്നെ എന്ത് വേണം ആഹാരം വേണം ജലവും വേണം അപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്താണ് ആഹാരം എന്നുള്ള ജ്ഞാനം ജലം എന്നുള്ള ജ്ഞാനം എന്തുകൊണ്ട് വിശപ്പും ദാഹവും മാറണോ ഓർമ്മ ഈ രണ്ട് ജ്ഞാനം കൊണ്ട് നമുക്ക് വിശപ്പും ഏതെങ്കിലും തത്വജ്ഞാനിക്ക് പറ്റുമോ എന്താ നമുക്ക് ധൈര്യമായിട്ട് തത്വജ്ഞാനി പറ്റണമില്ല എനിക്ക് പറ്റത്തില്ല എല്ലാം ദൈവിയെ പറ്റണത്തില്ല എനിക്ക് തത്വവും ഒരാൾക്ക് കഴിയത്തില്ല വിശപ്പിന്റെ വന്നാൽ ചെയ്യണം വിശപ്പിന്താഹ അത് വിശപ്പ് ദഹം മാറ്റാ മാറ്റാൻ വേണ്ടി എല്ലാ മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു പിന്നെ എന്താണോ ഉം നമ്മുടെ ആരോഗ്യത്തിനും ശരീരത്തിനെയൊക്കെ യോജിച്ച ഭക്ഷണമായിരുന്നു ആരോഗ്യം നിലനിർത്തുന്ന ഭക്ഷണമായിരുന്നു മെച്ചപ്പെട്ട ഭക്ഷണമായിരുന്നു ഗുണമുള്ള ഭക്ഷണമായിരുന്നു ഇതൊക്കെയാണ് തത്വം ഞാനിക്കും എല്ലാ ശരീരത്തിനും വേണ്ടത് ശരീരത്തിന് വേണ്ടത് അതൊക്കെയാണ് അവര് എന്ത് വേണോ വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇതൊക്കെ തന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ട അതിനുജ്ഞാന പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ബോധമില്ലാത്ത ആൾക്കാർ ഏതെങ്കിലും ഗൃഹയ്ക്കെത്തു പോയിരുന്നു ഉണങ്ങണമെങ്കിൽ അത് തത്വജ്ഞാനവുമായിട്ടതിന് ബന്ധോന്നു അതൊക്കെ ബോധമില്ലായിരുന്നു അത് അവർ വലതും കാണിക്കും ബോധമെന്തെങ്കിലും ഇത്രയുള്ളൂ പക്ഷേ ജ്ഞാനം കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ല ഇവിടം പറയുന്നതാണ് എന്ത് വേണം സമാധി ജ്ഞാനം കൊണ്ട് ദുഃഖം പരിഹരിക്കില്ല എന്ന് മാത്രമല്ല സുഖവും പരിഹരിക്കട്ടെ ഒന്നും പരിഹരിക്കട്ടെ മാനാപമാനങ്ങൾ പരിഹരിക്കത്തി കാമക്രോധങ്ങൾ പരിഹരിക്കട്ടെ ഒന്നും തന്നെ പരിഹരിക്കും അങ്ങനെ അതൊക്കെ പരിഹരിക്കുന്നുള്ള നമ്മുടെ മിഥ്യാബോധം പിന്നെ ഒന്ന് പരിഹരിക്കുന്നതിനുള്ള അതിന്റേതായ സാധനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് വൈരാഗ്യമൊക്കെ വരുന്നു അതിന് പരിഹാരമുണ്ടാവും അത് സാധിക്കും സാധനയിലൂടെ നേടിയെടുക്കേണ്ട സാധ്യങ്ങളാണ് ില്ല പക്ഷെ ഒറ്റ പരിഹാരമുണ്ട് എല്ലാത്തിനും ചെറുതാണ് സമാധം അപ്പോ എന്നാണ് പറയുന്നത് ഇനി പറയാൻ പോകുന്ന മറുപടി അനുസരിച്ച് ഞാൻ പറയുന്നു ഞാൻ തത്വത്തെ അറിയുന്നൊന്നും പറയാൻ പറ്റില്ല വ്യാസൻ അറിയാതെ തത്വം വേറെ അറിയുന്നു കുടുംബസൂത്രവും ഇതൊക്കെ ഉപദേശിച്ച വ്യാസ തത്വറിയില്ല അത്യസമ്മ തത്വമൊക്കെ അറിയാം പക്ഷെ യഥാർത്ഥമായി എന്താണ് ഈ പ്രശ്ന പരിഹാരം എനിക്കറിയില്ല എന്ന് പറയും ഞാൻ സമാധി തന്നെ അങ്ങനെ ഒരു പരിഹാരം എന്റെ പ്രശ്നത്തിന്റെ ആത്യന്തികമായൊരു പരിഹാരം എന്റെ കയ്യിലില്ല തത്വം ഞാനും പോരാന്ന് വന്നിരിക്കേ പിന്നെ ഗ്രന്ഥകാരനൊരു ഇതുണ്ട് എന്താണ് തപസ്സിയായ വ്യാസനിൽ നിന്നും ആ ഗുരുത്വത്തെ എവിടെ കൊണ്ടു വയ്ക്കണോ ഒരു രാജാവ് എന്തിനു വേണ്ടി ആ അവിടെ ഗാർഹസ്ഥ്യത്തിന് ഒരു പ്രാധാന്യം കൊടുക്ക അത് കഥാകഥയിലെ അത്രേ ഉള്ളൂ അത് ഇനി രാമനെ തത്വജ്ഞാനം ഉപദേശിക്കുന്നു രാജപുരോഹിതനാണ് ഉപദേശിക്കുന്നത് ശങ്കരാചാര്യ വാശിപ്പിക്കുകയാണ് എന്താണ് പൗരോഹിത്യം ഉപേക്ഷിക്കുന്നു സർവകർമ്മ സന്യാസം അതിന്റെ ഒരു മറൂറം എഴുതുകയാണ് എന്താണ് അതിനൊരു ബദൽ രേഖ ഉണ്ടാക്കുകയാണ് എന്താണ് എന്നാൽ ഈ തത്വജ്ഞാനത്തെന്തേലും ഒരു പുരോഹിതനെ കൊണ്ട് ഉപദേശിപ്പിക്കുന്നു എന്നുള്ളൊരു അജണ്ട കൂടെ ഇതിന അതിന് നേരെ വിപരീത ദിശയിലേക്ക് കഥയിലൂടെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് രാഷികാരുടെ അഭിപ്രായത്തിൽ അതിന് യാതൊരു അർത്ഥവുമില്ല സർവകർമ്മ സന്യാസത്തെ ഉപദേശിക്കുന്നു സർവകർമ്മ സന്യാസം ഉപേക്ഷിക്കുന്നു തന്നെ അത് പറഞ്ഞിട്ട് എന്താ പക്ഷെ ഇവിടെ അതല്ല ഇങ്ങനെ വേറെ രീതിയിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ജനകന്റെ അടുത്ത് പറയുന്നു അപ്പൊ ഈ കഥ എന്ന് പറയുന്ന മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഈ കഥ ഒരു പൊട്ടക്കഥയാണ് ഒരുപാട് പൊരുത്തക്കേടുകളുള്ള ഒരു കഥയാണ് വ്യാസൻ ഞാൻ വ്യാസന്റെ പുത്തു ജന്മനാ ഞങ്ങനെയുള്ള ഒരാളിനെ പിന്നെ എന്താണ് ഒരു രാജാവിന്റെ അടുത്ത് പറഞ്ഞത് അത് ഞാനി ആയപ്പോഴും ഞാനിയാണ് വിഷു പിന്നെ അവിടെ പോയിണ്ടാവശ്യം ഇനി പോയിട്ട് അവിടുന്ന് എങ്കിലും സമാനം കിട്ടിയായില്ല അവിടുന്നും ഒരു സമാനം കിട്ടിയില്ല ശിവൻ കഥയിൽ കേൾക്കുമ്പോലെ ശിവൻ പറയൂ നിങ്ങളെ പറയുന്ന കാര്യം തന്നെയാണ് എന്റെ അച്ഛൻ പറഞ്ഞു ഇത് ആരും പറയാതെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ഇത് തന്നെയാണ് അപ്പൊ അവിടെ നിന്ന് ശിവന് പുതുതായിട്ട് ഒന്നും കിട്ടിയില്ല അതൊന്ന് വിശേഷിച്ചൊരു ഗുണവും ഉണ്ടായിട്ടില്ല പിന്നെ ശിവൻറെ സ്വയം തീരുമാനിക്കുകയാണ് പിന്നെ അഭിനയം തപസ്സാണ് സമാധിയിലേക്ക് പോകാം എന്നുള്ളത് ശിവന്റെ സ്വന്തം തീരുമാനമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതൊരു നല്ല കഥയല്ല പിന്നെ ആശയം ഇവിടെ കൊണ്ടുവരാം എന്നുകൊണ്ട് അദ്വൈതജ്ഞാനവും യോഗവും യോജിപ്പിക്കാൻ അവരുടെ തെറ്റിൽ യോഗം ഒരാൾക്ക് ഇഷ്ടമാണ് ദോഷവും അങ്ങനെയാണ് പക്ഷേ ഇത് ഭാഷകാരം പറഞ്ഞാൽ അദ്വൈതത്തിൽ നിൽക്കുന്ന ഒരു ബദലാണ് അങ്ങനെ ഈ കഥയിൽ തന്നെ ഇതൊക്കെ പാടിപ്പോകുന്നു അതങ്ങനെ ജനകൾ സമാധിയിരിക്കുന്ന ആളല്ല ഇല്ല ജനകരും അദ്വൈതമെന്ന് പറയുന്നു ദുനകനും പറയും ജുനകൻ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം ശിവൻ അറിയാവുന്ന കാര്യങ്ങളാണ് പുതിയതായിരുന്നു പറയുന്നു എവിടെ ഗ്രന്ഥത്തിൽ പറയുന്നത് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ശിവൻ പറഞ്ഞ് ഇതൊക്കെ എനിക്കറിയാം എന്നുള്ള പ്രത്യേകിച്ച് പറയുന്ന കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശരി അങ്ങനെ കൊള്ളാം സാധാരണ അധൈനം പറഞ്ഞ മനീതമാണ് മനസ്സിന് വിഷമിക്കുന്നു വേദം വിഷമിക്കുന്നു ഇങ്ങനെയുള്ള പൊതുപോയ വേദത്തിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നു ശിവനന്ദര് തപസ് സമാധിക്കുന്നു അല്ല നീ പോയി സമാധി ജീവിക്കുമെന്ന് ജനകം പറയും രാമൻ തന്നെ പറയുന്നുണ്ടല്ലോ മനയോ മനുഷ്യയാണോ കാരണം ഗ്രന്ഥ മോക്ഷ ഇത് പറയുന്നു അത് തന്നെയാണ് എല്ലാവരും പറയും അതിനപ്പുറം പറയുന്നു സമാധി ഒരു പരിഹാര മാർഗമാണെന്ന് ജനകം പറയുന്ന കാരണം വ്യാസം പറയുന്നു വ്യാസന് സമാധി എന്നുള്ള വ്യാസന് പുസ്തകം പല പരിപാടികളും വ്യാസന് സമാധി വ്യാസൻ വളരെ തിരക്കേറിയ വ്യക്തിയാണ് മറ്റേ ജനകൻ രാജ്യം ഭരിക്കും നമുക്ക് പിന്നെ സുഖം വിചാരിച്ചു ഇവരെയൊന്നും അടുത്തു പോയിട്ട് കാര്യമില്ല നമുക്ക് നമ്മുടെ വഴി എന്ന് പറഞ്ഞ് നേരെ എന്റെ തിരിച്ച് വേറെ പർവ്വതത്തിലേക്ക് ഒന്നും അവിടെ പോയി സമാധിക്കുന്നു എന്നാണ് കഥ അപ്പൊ ജനകരെന്നൊന്ന് വിശേഷിച്ചൊന്നും കണ്ടിരിക്കുന്ന എന്താണ് നീ അറിഞ്ഞൊക്കെ തന്നെയാണ് ശരി അപ്പൊ താനറിഞ്ഞാണ് ശരിയെന്നുള്ളത് അറിവിനെ സംബന്ധിച്ചിപ്പോൾ ഒരാള് വേറെ ഒരാളോട് പോയി ചോദിക്കേണ്ട കാര്യ പലരും പറയുന്ന എങ്ങനെയാണ് കഥ കൃതത്തിന്റെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നൊരു എന്താണ് അവരുടേതായ ഒരു കാഴ്ചപ്പാട്ടിൻ്റെ കൊണ്ടുപോകും ഒരു തത്വജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേറെ ആളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്തുകൊണ്ട് ഈ തത്വജ്ഞാനം ചെന്ത പറഞ്ഞ ഭാഷകാരം വേറെ ആളുടെ അംഗീകാര ആവശ്യമില്ല എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത് സ്വസേദ്യ എന്ന് പറഞ്ഞ സ്വയം ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ് തത്വജ്ഞാനവും പല്ലുവേദന പോലെയാണ് പല്ലുവേദന വേറെ പറഞ്ഞല്ലോ പല്ലുവേദന എന്ന് പറഞ്ഞാൽ വേറെ അടുത്തൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്താണ് എനിക്ക് പറ്റുകയൊരു ഡോക്ടറെ ചോദിക്കുവാനായിരുന്നു എന്തുകൊണ്ട് അതാണ് സുസമേധിയോ എന്ന് പറയും ഞാനും സുസമേധമുണ്ട് വേറെ ആളുടെ അടുത്ത ഇതാണോ ഞാനോ ചോദിക്കേണ്ട കാര്യമില്ല പൊട്ടന്മാർ അങ്ങനെ പോകും ഇതാണ് ഞാൻ അങ്ങനെ പ്രശ്നമില്ല ശിവബ്രഹ്മി സ്വയം തന്നെ പറയുന്നു നാലു തന്നെ അതിനെ പറയും അവിടെ ഞാൻ വിശ്വസിക്കും ഇതെനിക്ക് ബോധ്യമുള്ള കാര്യമാണ് തന്റെ ബോധ്യം ബോധ്യമാണോ എന്നും മറ്റൊരാളോട് ചോദിക്കേണ്ട കാര്യമില്ല അത് ഈ ഭൗതികമായ വിഷയങ്ങളൊക്കെയാണെങ്കിൽ എന്താണ് ഞാൻ പഠിച്ചതായാലും സാറിൻ്റെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ പഠിച്ചത് ശരിയാണോ എന്ന് ചോദിക്കും പക്ഷെ എന്നെ കുറിച്ച് പറയുന്നത് അങ്ങനെയല്ല ആത്മബോധം എന്നാണ് പറയുന്നത് തന്നെ കുറിച്ചുള്ള ബോധം അത് സ്വസംവേദികമാണ് അത് വേറൊരാൾ പറഞ്ഞിട്ട് എന്താണ് ഇത് ആത്മബോധമെന്ന് മനസ്സിലാക്കി തറിയേണ്ട കാര്യമായിരിക്കും അതുകൊണ്ട് അതിനുവേണ്ടി ജനതന്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞത് എന്റെ ബോധ്യം ശരിയാണോന്ന് അറിയാൻ അങ്ങനെയൊന്നും ഇവിടെ പറയുന്നില്ല അതൊക്കെ അസംബന്ധം അബദ്ധമാണ് അപ്പോ സുഖന് പ്രശ്നങ്ങൾക്ക് ആത്യന്തികമായൊരു പരിഹാരം വേണമെന്ന് വെച്ചാൽ പ്രപഞ്ച ബോധമില്ലാതെ അതെ പറയും അത് എന്താ ശിവം തന്നെ അതിന്റെ വഴി കൊണ്ടുപോയി സമാധാനം അതിൻ്റെ ഇടയ്ക്ക് ജനകന്റെ അടുത്ത് എന്തിനും പറഞ്ഞുകൊട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗ്രന്ഥകാരന്റെ പൊതു താല്പര്യമുള്ള ഒരു കഥയുണ്ടാക്കുക എന്നാണ് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായ ഒരാള് ഗൃഹസ്ഥൻ്റെ അടുത്ത് പോയി എന്തോ മനസ്സിലാക്കി എന്നുള്ള ഒരു കഥയുണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു അത് അല്പം പൊളിറ്റിക്സാണ് സ്പിരിച്വൽ പൊളിറ്റിക്സ് ശങ്കരാചാര്യോടുള്ള മാനസികമായൊരകത്ത് അതുകൊണ്ട് അങ്ങനെ ഒരു കഥയുണ്ടാക്കി ആ കഥയും കൂടെ പറയുന്ന കാര്യങ്ങളോട്ടോ ഒരു ബന്ധവും ഏ മനസ്സിലായത് ചോദ്യം കൊണ്ട് വ്യക്തമാണ് ശ്രമി അത്തരം കാര്യങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് അതായത് ഗൃഹസ്ഥാശ്രമിക്ക് സന്യാസത്തിന്റെ ആവശ്യമില്ല കർമ്മത്തെ ഉപേക്ഷിച്ചുള്ള ഒരു സന്യാസത്തിന്റെ ആവശ്യമില്ല അല്ലാതെ അല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൂടെ ചർച്ച ചെയ്യുന്നില്ല അതൊക്കെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത്തരം കാര്യങ്ങളൊന്നും ഇവിടെ എന്താണ് ചർച്ചക്കേ വരുന്നില്ല ഇത് ഇവിടെ എന്താണ് സുഖൻ സംശയം ചോദിച്ചു നേരെ എന്ത് ചെയ്യുന്നു താൻ പറഞ്ഞ മറുപടി ശിവൻ ഇഷ്ടപ്പെടാത്ത നേരെ ജനകന്റെ അടുത്ത് പറഞ്ഞു അല്ല ഇന്നീ ജനകൻ ഉപദേശിക്കുകയാണ് ശരി ഇത് എന്താണ് സന്യാസത്തിൻ്റെയൊന്നും ആവശ്യമില്ല എന്താണ് എന്ന ഗീതയിലൊക്കെ പറയുന്ന പോലെ അസംഗമായിരുന്നു പ്രവർത്തിക്കുക ഇതാണ് ഞാനും ആ സംഘതയാണ് സന്യാസവും ഒക്കെയാണ് പറയണെങ്കിൽ എന്റെ ശിവബ്രഹ്മി തപസ്സിനും അപ്പൊ പിന്നെ ശിവബ്രഹ്മി എവിടെ പോകും എവിടെ പോവും ഏ നേരെ അച്ഛൻ്റെ അടുത്ത് പോയി ചൂടെ എനിക്കൊരു പെണ്ണ് കിട്ടുന്ന എവിടെയെങ്കിലും പോയൊരു പെണ്ണാകും കാരണം ജനകന്റെ അടുത്ത് ഇപ്പം ഞാൻ അതൊക്കെയാണ് കണ്ട ജനവും പറഞ്ഞ അതാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഇപ്പം എനിക്ക് ശരിയായ ബോധമുണ്ടായി അച്ഛൻ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തു അടുത്ത് കല്യാണം ആലോചനകൾ ഇവിടെ തന്നെ താണോ ശുഭദ്രം എന്താ ചെയ്യുന്നത് നേരെ പർവ്വതത്തിൽ പോയി ഒന്നിനല്ല ചില്ലറല്ല പതിനായിരം വർഷം സമാധിയിരിക്കുന്നു എന്നെ പറയുന്നു അപ്പൊ കഥയിൽ നിന്ന് എന്താണ് കൃത്രിമമായ ഒരു സന്ദർഭം കഥാസന്ദർഭം എഴുതി ചേർത്തുന്നുണ്ട് അല്ലാതെ ഈ കഥയിൽ യാതൊരു കഥമ്പ് കഴമ്പും ഇല്ല അർത്ഥശൂന്യമായിരുന്നു ആ മൊത്തയില മൊത്തം എപ്പിസോഡ് കൂട്ടുക എന്നുള്ളൊരുപാട് ഇതിലൊരു കാര്യം മാത്രമേ നമുക്ക് മനസ്സിലാകുള്ളൂ എന്താണ് തത്വഞ്ഞാലും മനുഷ്യന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല അത് ശരിയാണ് ജീവിത പ്രശ്നങ്ങൾക്കത് പരിഹാരം അല്ല ഇനി സമാധിയാണെങ്കിലോ അത് പരിഹരിക്കുന്നു അത് ശരിയാണ് അതിനൊരാൾക്ക് കഴിയും ഒന്നും വേണ്ട പതിനായിരം അത്ര ആളിരിക്കാം അതിന് യോഗം പഠിക്കണം അപ്പോ ഈ അങ്ങോട്ട് തപസ് തുടങ്ങുമ്പോൾ ഈ ശരീരം എന്തായി മാറും തേജോമയമായ ശരീരമായി മാറും ഈ ഭൗതിക ശരീരം എന്നുവെച്ചാൽ വിശപ്പ് ദാഹം ഇതിനെയൊന്നും ആശ്രയിക്കാത്ത എന്താണ് ഈ ഭൗതിക ശരീരം എങ്ങനെയാണോ ദേവന്മാര് ദേവന്മാരുടെ ശരീരം അമൃത് കഴിച്ചിരുന്നു അവിടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം പെട്ടെന്ന് എന്താണ് ടേസ്റ്റ് ചെയ്യാൻ ഒരല്പം അമൃത് കിട്ടുന്നത് അല്പം മതി ശകലം അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരം എന്തായി മാറുന്നു ദിവ്യ ശരീരമായി മാറും അതുപോലെ യോഗശക്തി കൊണ്ട് എന്ത് ശരീരം ദിവ്യ ശരീരമായി മാറുന്നു പിന്നെ അവിടെ ശക്താഹം ഭൗതികമായി ഒന്നും അതിനെ ബാധിക്കില്ല വർഷം എനിക്ക് ഒരു യോഗയുടെ കഥ പറയണിപ്പോ നമ്മുടെ രജനീകാന്തിന്റെ ഗുരുവായി പറയുന്ന അവരുടെ പേര് ഞാൻ മറന്നു എന്താണ് ഒരു പൊട്ടക്കറയുന്ന യോഗയാണ് ഇതുപോലെ ഇങ്ങനെ ആളുകൾ പറഞ്ഞു വരുക്കുന്ന അപ്പോ അങ്ങനെ ഒരു കഥകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പ്രയാസം ആത്മീയത മൂഭകാരത്തിൽ കിടക്കുന്ന ഒരു സാധനമാണ് മനുഷ്യര് എന്താണ് കഥയിൽ അഭിനമിക്കുന്നവരാണ് അവരാനന്ദം കണ്ടെത്തുന്നവരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് നൂറ് കഥ ഞാൻ ഉണ്ടാക്കുന്നത് പതിനായിരം അല്ല ഒരു ലക്ഷം വർഷമല്ല കല്പാംഗം വരെ ഇരിക്കും എന്ന് പറയുന്നു ഭാവയൊക്കെ കഥയിൽ അഭിനയിക്കുന്ന മനുഷ്യർക്ക് ഈ പൊട്ട കഥയിൽ ഭയങ്കര സന്തോഷമില്ല അവരങ്ങനെ ഇരിക്കുന്നു ഒന്നും അവര് സ്വപ്നം പോലും കാണത്തില്ല മനുഷ്യന്റെ ബ്രെയിൻ അങ്ങനെ വർക്ക് നമ്മുടെ ഈ ഫ്രണ്ടിലോട്ട് ശരിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്യാതെ വരുമ്പോഴാണ് ഈ കഥ കിടക്കാൻ വയ്ക്കുന്നത് അതാണ് പ്രശ്നം വ്യക്തിപരമായി ചിന്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഭാഗമാണ് ഈ പൊങ്ങിക്കുന്ന ഇതിന്റെ ഉള്ളിൽ ശരിയായ ഡെവലപ്മെന്റ് നടക്കാത്ത ഒരുപാട് പ്രേനുകളുണ്ട് പലരും നടക്കും അത് വേറെ പക്ഷെ നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല പറയുമ്പോ തന്റെ കൂടെ കാരണം അത് ഡെവലപ്പ് ചെയ്ത രീതി പറഞ്ഞിട്ട് കാര്യമില്ല അതാണ് ഈ കഥകളൊക്കെ ഇങ്ങനെ നടക്കുന്നത് അത് പറയുമ്പോ ഇപ്പൊ തല ഉന്നിയിരുന്ന ശരിയാവുന്നുണ്ടല്ല എന്നാലും ഞാൻ ചിലരുടെ തല ഈ കഥയെ വിശ്വസിക്കുന്നവരുടെ തല ശ്രദ്ധിച്ചിട്ടുണ്ട് പരന്നായിരിക്കുന്നു ഈ സയൻസിൽ എന്താ ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഫോട്ടോ നോക്കുന്നു ഈ ബാബയുടെ ശിക്ഷൻ്റെ ഫോട്ടോ നോക്കുന്നു ഇവിടെ പരന്നായിരിക്കും ഞാൻ ശ്രദ്ധിച്ചു നോക്കുന്നു അത്ര അതാണ് നിന്റെ അടിസ്ഥാനം എന്നുള്ള പ്രശസ്ത അല്ലല്ലൂഹം പറയാണ് വളർച്ച ഉള്ളിലാ വേണ്ടത് നിനുരൂഹം പറയുകൊന്നുമില്ല പക്ഷെ ഇത് ശെരിയാണോ എന്താണോ നമ്മുടെ ഈ ഭാഗം ശരിക്കും ഉള്ളിൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താണോ യു പി പോലെയുള്ള കാര്യങ്ങളൊന്നും ശരിക്കും വർക്ക് ചെയ്യപ്പെടുക അത് വർക്ക് ചെയ്യാതെ ും അതുകൊണ്ട് പറയുന്ന പതിനായിരത്തിന കഥകൾ ഒരുപാടുണ്ട് അതുകൊണ്ട് ഇവിടെ പറയുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക സമാധി ശാസ്ത്ര സമ്മതമായൊന്നുമാണ് അത് നമുക്ക് എനിക്ക് സമാധി ഇല്ലാന്ന് വിചാരിച്ചത് ഇല്ലെന്ന് പറയാൻ ഈ അവകാശം അതൊക്കെ സംഭവിക്കും പതിനായിരം അർത്ഥവാദ കഥയാണ് പതിനായിരം വർഷം ഒരു മനുഷ്യന് ജനിച്ചിരിക്കാൻ പറ്റില്ല അതിശക്തിപരമായി പറയുന്നു പരമാവധി ഒന്നായിരം ഏഴുനൂറ്റിഇരുപത്തിയഞ്ചിനോ ഇപ്പൊ ഇപ്പോഴത്തെ അടുത്ത കാലത്ത് കണക്ക് കണ്ടപ്പോഴാണോ നമ്മുടെ ഇന്ത്യയിൽ ഒന്നേതായി ലക്ഷം പേര് നൂറ് വയസ്സ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് നൂറു വയസ്സ് കഴിഞ്ഞു ഇലക്ഷൻ കമ്മീഷന്റെ കണക്ക് വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞാണ് അപ്പൊ ദീർഘായാലും ഇപ്പൊ കൂടുതലാണ് പിന്നെ പതിനായിരം കുറച്ച് പാടാറില്ല